കണ്ണിൽ കണ്ണീരില്ലെങ്കിൽ ആത്മാവിനു മടവില്ല വിടുന്നു കണ്ണിൽ കണ്ണീരില്ലെങ്കിൽ ആത്മാവിനു മടവില്ല വിടുന്നു വയലിൻ പോലെ പഠിക്കണം സന്തോഷമരവിടെയും കണ്ടെത്ത വയലിൻ പോലെ പഠിക്കണം സന്തോഷമതിരിയുടെയും കണ്ടെത്താൽ സകലരുമൊരുപോ ചിന്തിച്ചാൽ ചിന്തിച്ചില്ലൊരു വരുമബിടതികം സത്യം ചൊല്ലണം എപ്പോഴും പച്ചേ പക്ഷേയുടനവിടം വിട്ടോണം സത്യം ചൊല്ലണം എപ്പോഴും യുടന വിട്ടോണം മുറിവുകളെഴുതുക മണലിന്മേൽ കാരുണ്യം മാർബിൾ കുളിർമയിലും മുറിവുകളെഴുതുക മണലിന്മേൽ ുംരകത്തിൻ തടവുന്നു ചുവരുകൾ കെട്ടിയ ഹൃദയത്തിൽ നരകത്തിൻ തടവറ നിൽക്കുന്നു പാലാട്ടിടും ഒരു സ്വാതിന്റെ ാലിന്മേൽ ഹൃദയമിരിക്കുന്നു വാലാട്ടിടുമൊരു ചോദിൻ്റെ വാലിന്മേ ഹൃദയമിരിക്കുന്നു ധീരമൊരുത്തൻ നിലകൊണ്ടാൽ മറ്റുള്ളവരുടെ നട്ടെള്ളുകനി വരുന്നു ധീരമൊരുത്തൻ നിലകൊണ്ടാൽ മറ്റുള്ളവരുടെ നട്ടെല്ലതി വരുന്നു കുതിരപ ജീവിതമോടിക്കാം അല്ലെങ്കിലതു നിങ്ങളെയോടിക്കും കുതിരപജീവിതമോടിക്കാം അല്ലെങ്കിലതു നിങ്ങളെയോടിക്കും പണം അത് മനുജനെ മാറ്റുന്നു അതു പലരുടെ കൈകൾ മറിയുമ്പോ പണം അത് മനുജനെ മാറ്റുന്നു അതു പലരുടെ കൈകൾ മറിയുമ്പോ പടനം ചെയ്യുക പഴമകളേ അതിൽ മമ്മി ചെയ്യുക പഴമകളേ അതിൽ മുങ്ങി മയങ്ങി പൊങ്ങാതെ വനിതയ്ക്കൊരു പ്രിയമുറിയുണ്ട് പുരുഷനോ പ്രിയമൊരിപ്പിടവും സമയമൊടത്ത നിശബ്ദതയോ അത്യുന്നത പാവാവിഷ്കരണം സമയമൊടുത്ത നിശബ്ദതയോ അത്യുന്നത പാവാവിഷ്കരണം ആരെല്ലാം ആരെന്നല്ല റിയണം ചങ്ങാരികളുടെ എണ്ണത്തിൽ ചങ്ങാരികളുടെ എണ്ണത്തിൽ ഒരുവന്റെ മൂല്യമറിഞ്ഞിട ഇരുകാലുകളും കൊണ്ടാരും നിലയില്ല വെള്ളത്തിനാഴം നോക്കില്ല ഇരുകാലുകളും കൊണ്ടാരും നിലയില്ല വെള്ളത്തിനാഴം നോക്കില്ല കലയുടെ വിടിടമുണ്ട് ആത്മാവിനു ശ്വാസോച്ഛ്വാസം ചെയ്യാനാ കലയുടെ വിടിടമുണ്ട് ു ശ്വാസോച്ഛ്വാസം ചെയ്യാനോ കൊടുങ്കാറ്റായി ദീപമണയ്ക്കുന്നു കോപം കൊടുങ്കാറ്റായി വന്നു മനത്തിൻ്റെ ദീപമണയ്ക്കുന്നു സമൂഹം ഒരു കപ്പൽ പോൽ സകലരുമ മരത്തിനൊരുങ്ങേണം സമൂഹമൊരു കപ്പൽ പോൽ സകലരുമ മരത്തിനൊരുങ്ങേണം ഉന്നത പായകളല്ലോ കപ്പലിനെ മുന്നോട്ടു നീക്കുന്നതു കാണാക്കാറ്റല്ലോ ഉന്നത മുന്നോട്ട് നീക്കുന്നതുകണക്കാറ്റല്ലോരുടെ കണ്ടെത്തൊരുഭൂഖം നമ്മൾ സകലരുടെയുമുള്ളിലുമുണ്ടല്ലോ ദൈവമത്യുന്നതാനത്ത് സകലരെയും യും താഴോട്ടു നോക്കി കണ്ടിട കണ്ണിൽ കണ്ണീരില്ലെങ്കിൽ ആത്മാവിനു അഴവില്ല വിടുന്നു കണ്ണിൽ കണ്ണീരില്ലെങ്കിൽ ആത്മാവിനു മഴവില്ല വിടുന്ന കണ്ണിൽ കണ്ണീരില്ലെങ്കിൽ ആത്മാവിനു മഴവില്ല വിടുന്ന